ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈ ബാംഗ്ലൂർ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ ദൈവം സഹായിച്ചു വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മൂന്ന് മൂന്നര ദിവസമായിരുന്നു ബാംഗ്ലൂർ കോൺഫറൻസ് ഒത്തിരി പേര് സംസാരിച്ചു ശാഖങ്ങൾ ഒരു പകുതിയോളം സെഷൻസ് എടുത്തു ബാക്കി പകുതി മറ്റ് പലരുമായിരുന്നു എടുത്തിരുന്നത് വളരെ അനുഗ്രഹമായിരുന്നു അവിടെ പ്രസംഗിക്കപ്പെട്ട എല്ലാ മെസ്സസ്സും അപ്പം ഈ കോൺഫറൻസിൻ്റെ ആ മൂന്നര ദിവസങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ ഞാൻ എഴുതിയെടുത്തു പക്ഷേ എന്നെ ഏറ്റവും അധികം സ്പർശിച്ച രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് കോൺഫറൻസിൻ്റെ കോൺഫറൻസിൻ്റെ തീമെന്ന് പറയുന്നത് നമ്മൾ കേട്ടപോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ എന്നതായിരുന്നു കോൺഫറൻസിൻ്റെ തീം അത് ഒന്ന് കൊരുന്തിന്തിന്തിന്തിന്തിന്തിയർ രണ്ടിൻ്റെ ഒമ്പത് ഒമ്പതിൻ്റെ ഒമ്പതാണ് അപ്പോൾ ശാഖങ്ങളും അതുപോലെ പ്രസംഗിച്ച മറ്റ് പലരും പ്രത്യേകിച്ച് യു എസ് എല്ലെ ശാഖങ്ങളുടെ മൂന്നാമത്തെ മകൻ സന്ദീപ് ഉന്നൻ്റെ ചേർച്ചിലുള്ള എൽഡേഴ്സ് ഉണ്ടായിരുന്നു രണ്ടുപേർ ഫോറിനേഴ്സാണ് ഒരാൾ ഇന്ത്യക്കാരനാണ് അപ്പോൾ അവരുടെയും സെഷൻസ് ഉണ്ടായിരുന്നു അതൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു അവരും ഈ ഒരു തീമിനെക്കുറിച്ച് പല കാര്യങ്ങളും ഷെയർ ചെയ്തു അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ അൾട്ടിമേറ്റ് ഗോളെന്ന് പറയുന്നത് അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ തേജസ് ആണ് അവൻ്റെ പുത്രൻ്റെ തേജസ്സാണ് ദൈവം നമുക്ക് വേണ്ടി തന്നെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ കാര്യം അതുപോലെ മറ്റൊരു കാര്യം ഇതെല്ലാം ഒന്ന് തന്നെയാണ് പക്ഷെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അവൻ്റെ വിശ്രമമാണ് അവൻ്റെ വിശ്രമം റെസ്റ്റ് എന്നുള്ള കാര്യം അവിടെ കേൾക്കാനിടയായി അതുപോലെ നിത്യജീവൻ ഇതെല്ലാം ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അൾട്ടിമേറ്റ്ലി അവൻ്റെ പുത്രനായ യേശുവിൻ്റെ ആ തേജസ്സിലേക്ക് ആണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ മനോഹരമായ കാര്യങ്ങളാണ് പക്ഷേ സാക്കങ്ങളുടെ ഒരു മെസ്സേജിൽ ഇങ്ങനെ അങ്ങൾ പറയാനിടയായി അതിനെ ഒത്തിരി സ്പർശിച്ചു ഈ മനോഹരമായ കാര്യങ്ങളാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത് എന്നിരിക്കെ തന്നെ ദൈവം മറ്റൊരു കാര്യം കൂടെ തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അത് ക്രൂശാണ് ക്രൂശ് അപ്പോൾ പലപ്പോഴും നമ്മൾ ക്രൂശനെ വളരെ നെഗറ്റീവായിട്ട് കാണുമ്പോഴും അത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ വിളിച്ചവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നൊരു കാര്യമായിട്ട് ശാഖങ്ങളിങ്ങനെ പറയാനിടയായി അപ്പം അതിനെ വളരെ മനോഹരമായിട്ട് വരച്ച് കാട്ടുന്ന ഒരു ഒരു വാക്യം അതും ആ കോൺഫിഡൻസിന് ഉണ്ടായിരുന്ന പല സ്പീക്കേഴ്സും ശാഖങ്ങൾ മാത്രമല്ല വന്നിരുന്ന പല സ്പീക്കേഴ്സും കൂടെ കൂടെ അപ്പോൾ ആ ഒരു ഒരു വാക്യം മാത്രമല്ല ഒരു ഒരു പോർഷനാണ് ആ പോർഷൻ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു എന്നെയും വളരെയധികം സ്പർശിച്ചു അത് വായിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ട് കൊരിന്തിയർ നാലാമധ്യായം ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള വാക്കിങ്ങൾ ആദ്യം വായിക്കുന്നു ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് പക്ഷേ ഏഴ് മുതൽ ഒമ്പത് ആദ്യം വായിക്കുന്നു എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിൻ്റെ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല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 അപ്പം ഈയൊരു വാക്യം കൂടെ കൂടെ ശാക്കങ്ങളും പലരും റിപ്പീറ്റഡ്ലി ഇങ്ങനെ പറയാനിടയായി അപ്പം അതിൽ ഒരു സ്പീക്കർ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയായിരുന്നു എന്നെ അത് ചിന്തിപ്പിച്ചു ഈ ഒരു വാക്യം വാക്യത്തിനകത്ത് പ്രത്യേകിച്ചും ഒമ്പത് ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ല എട്ട് മുതൽ ഒമ്പത് എട്ടിലും ഒമ്പതിലും നമുക്ക് കാണാൻ സാധിക്കും പൗലോസ് തന്നെ തന്നെക്കുറിച്ചാണ് പറയുന്നത് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ അപ്പം അവിടെ കഷ്ടം എന്നുള്ള കാര്യമുണ്ട് രണ്ട് എട്ടിൽ തന്നെ പറയുന്നു ബുദ്ധിമുട്ടുന്നവർ ബുദ്ധിമുട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ കാര്യം ഒമ്പതാം വാക്യത്തിൽ പറയുന്നു ഉപദ്രവം അനുഭവിക്കുന്നവർ അപ്പോൾ കഷ്ടം ബുദ്ധിമുട്ട് ഉപദ്രവം അപ്പോൾ ഇതൊക്കെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വച്ചിരിക്കുന്ന കാര്യമായ കാര്യമെന്നുള്ള നിലയിൽ അദ്ദേഹം പറയാനിടയായി അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റ് കാര്യം പൗലോസ് ആ ഒരു തൻ്റെ പേഴ്സിക്യൂഷനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ആ ഒരു സ്പീക്കർ ബോബി എന്ന് പറയുന്ന സ്പീക്കറായിരുന്നു അദ്ദേഹം ഈ അമേരിക്കയിലെ കാലിഫോർണിയ ചേർച്ചിലെ മറ്റൊരു എൽഡറാണ് സന്ദീപിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുമായിരുന്നു ക്ഷമിക്കണം ബോബിയല്ല അജയ് ചക്രവർത്തി എന്ന് പറയുന്നൊരു സ്പീക്കറായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറയുകയായിരുന്നു നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദൈനംദിന ജീവിതത്തിലെ പാവത്തിൻ്റെ പ്രലോഭനങ്ങൾ അസൂയ ആയിക്കോട്ടെ അല്ലെങ്കിൽ കണ്ണുകൊണ്ട് മോഹിക്കാനുള്ള ആ ഒരു പ്രലോഭനമായിക്കോട്ടെ അല്ലെങ്കിൽ കോപിക്കാനുള്ള പ്രലോഭനമായിക്കോട്ടെ ഇതൊക്കെയും ഇൻ വൺ വേ ഓർന്നത് ഇതെല്ലാം കഷ്ടങ്ങളാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളാണ് അല്ലെങ്കിൽ ഉപദ്രവങ്ങളാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവന് ഒട്ടും എൻജോയ് ചെയ്യാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ ആ പ്രലോഭനങ്ങൾ അവന് കൂടെ കൂടെ അവൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങൾ ഇത് മാത്രമല്ല അസൂയ കണ്ണുകൊണ്ടുള്ള മോഹം കോപം അങ്ങനെ പല പല കാര്യങ്ങളും അപ്പം ഈ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ എല്ലാം തന്നെ ഈ കഷ്ടവും ബുദ്ധിമുട്ടും ഉപദ്രവവും ഒക്കെയായിട്ട് നമുക്ക് ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഈ ഈ ക്രൂശിനെ ഇതെല്ലാമാണ് ദൈവം നമുക്ക് വേണ്ടി തന്നെ സ്നേഹിക്കുന്നവർക്കുണ്ട് ഒരുക്കുന്ന കുരിശ് എന്നുള്ള കാര്യം ഇവിടെ കേൾക്കാനിടയായി അപ്പം ഈ ക്രൂശനെ ദൈവം ഈ ക്രൂശനെ അതിന് നല്ലൊരു ഡെഫിനേഷനായിട്ട് നമുക്ക് നല്ലൊരു ഡെഫിനേഷനായിട്ട് നമുക്ക് രണ്ട് കൊരന്തിയർ നാലിൻ്റെ പതിനൊന്നിനെയും കാണാൻ സാധിക്കും ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായിപ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു അപ്പം അവിടെ മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അത് ദൈവം ചെയ്യുന്നൊരു കാര്യമാണ് ദൈവം നമ്മളെ മരണത്തിന് ഏൽപ്പിക്കുകയാണ് ഈ മുമ്പ് പറഞ്ഞ പ്രലോഭനങ്ങൾ വഴി ദൈവം ആ പ്രലോഭനങ്ങൾക്ക് അനുവദിക്കുന്നു അതൊക്കെ നമ്മളൊരു മരണത്തിലൂടെ ആ ഒരു മരണം രുചി രുചിക്കാനായിട്ട് അല്ലെങ്കിൽ ആ മരണത്തിന് അനുഭവം നമ്മൾ അനുഭവിക്കേണ്ടതിനായിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ച് കൊടുക്കുന്നൊരു കാര്യമായിട്ട് അവിടെ പറയുകയാണ് അപ്പം അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയ വാക്യം അതിന് തൊട്ട് മുമ്പത്തെ വാക്യമാണ് രണ്ട് പൊരുന്തിയർ നാലിൻ്റെ പത്ത് അതിങ്ങനെ പറയുന്നു യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു അപ്പോൾ ഞാൻ മുമ്പും ഈ വാക്യം ഇങ്ങനെ ഞാൻ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്തൊക്കെ ഇതിനെ വളരെ സെൻറ്റിമെൻറ്റലായിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കുമായിരുന്നു വായിക്കുമ്പോഴിങ്ങനെ വളരെ സെൻറ്റിമെൻറ്റലായിട്ടൊക്കെ ഇതിനെ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു ശരിക്കും ഇതിൻ്റെ ഒരു ഇതിൻ്റെ ആത്മീയാര്ത്ഥങ്ങൾ കർത്താവ് കാണിച്ചു തുടങ്ങി ഈ കോൺഫറൻസിലൂടെയും കോൺഫറൻസിൽ സംസാരിച്ച സ്പീക്കേഴ്സിലൂടെയും ഒക്കെ അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ് പറയുന്നത് കുറച്ചുകൂടെ ഇറ്റ് മേക്സ് മോർ സെൻസ് എന്ന് എനിക്ക് തോന്നി ഓൾവേസ് ക്യാരി അബൌട്ട് ഇൻ ദ ബോഡി ദ ഡൈയിങ് ഓഫ് ജീസസ് സോ ദാറ്റ് ദ ലൈഫ് ഓഫ് ജീസസ് ഓൾസോ മേ ബി മാനിഫെസ്റ്റഡ് ഇൻ ആർ ബോഡി അപ്പോൾ അവിടെ പറയുന്നത് വി ആ നമ്മൾ ശരീരത്തിൽ വഹിക്കുന്നത് ദ ഡൈയിങ് ഓഫ് ജീസസ് മരണമെന്നാണ് മലയാളത്തിൽ പറയുന്നത് പക്ഷേ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഡൈയിങ് എന്നാണ് ഡെപത്ത് എന്നല്ല but carrying in our body the death nu parayunnathu ad already sambhavichiru karyam aayittu or pastil sambhavichiru karyam uh, aayittanu avada varunnathu pache ivada actually english il ingana inganaanu parayunnathu the dying of the lord jesus present tense laanu ad ubhayichirikkunnathu avu namukka ariyaam yeshu yeshuvinte maranam sambhavichu kayna yeshuvinte maranam nammal vahikunavaraanu ad yeshu namukku vendi anubhavicha aathmiya maranathai soojippikkunnu അത് നമ്മൾ സ്നാനം വഴിയൊക്കെ നമ്മൾ അനുഭവിക്കുന്നു അതിൻ്റെ ബെനിഫിറ്റ്സാണ് നമ്മൾ അനു അനുഭവിക്കുന്നത് ആ ആ പിതാവുമായുള്ള നമ്മുടെ ആ ഒരു കൂട്ടായ്മയൊക്കെ പക്ഷേ ഇവിടെ പറയുന്ന മറ്റൊരു മരണത്തെക്കുറിച്ചാണ് ദ ഡൈ ഓഫ് ജീസസ് എന്ന് പറയുന്നത് പ്രസൻറ്റൻസിലാണ് അത് യേശു തൻ്റെ ആ താൻ മനുഷ്യനായി ജീവിച്ച ആ സമയത്ത് മുപ്പത്തി മൂന്നര കൊല്ലം അനുഭവിച്ച അവൻ്റെ ആ സെൽഫ് വില്ലിലുള്ള ഡെത്തിനെക്കുറിച്ചാണ് എന്നുള്ള കാര്യവും എനിക്ക് മനസ്സിലാവാനിടയായി അപ്പം നമ്മളും അത് നമ്മുടെ ശരീരത്തിൽ വഹിക്കണം എന്നുള്ള കാര്യം നമ്മളും നമ്മുടെ സെൽഫ് വില്ലിനെ നമ്മളാ രീതിയിൽ എപ്പോഴും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം എന്നുള്ള കാര്യവും എനിക്ക് മനസ്സിലാവാനിടയായി അതും ദൈവം അതിനുവേണ്ടി പല മുഖാന്തരങ്ങളും ദൈവം നമുക്ക് ഒരുക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അതൊക്കെയും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്ന കാര്യങ്ങളായിട്ട് ആ ക്രൂശിൻ്റെ അനുഭവം എന്നുള്ള കാര്യവും മനസ്സിലാക്കാനിടയായി പിന്നെ രണ്ടാമതൊരു കാര്യം അവിടെ കേട്ടത് ജാക്കങ്ങളുടെ ഒരു മെസ്സില് നിന്നായിരുന്നു അതെനിക്ക് വളരെ പുതിയൊരു കാര്യമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ഇതുവരെ കേട്ടിട്ടില്ല ജാക്കങ്ങളുടെ മെസ്സസ് എല്ലാം വളരെ കെയർഫുൾ ആയിട്ട് കേൾക്കുന്ന ആളാണ് ഞാൻ പക്ഷെ വളരെ ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു പുതിയൊരു കാര്യമായിട്ട് എനിക്ക് കേൾക്കാനിടയായി അത് വലിയ വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു സാക്കിങ്ങൾ പറഞ്ഞത് ലിവിങ് ഇൻ ദ വില് എന്നുള്ളൊരു കാര്യമാണ് അതായത് ഇച്ഛയിൽ ജീവിക്കുന്ന ഒരു ജീവിതം ഇപ്പം സന്തോഷാത്വങ്ങൾ ആദ്യം പറഞ്ഞപ്പോൾ ഇങ്ങനെയൊരു കാര്യം പറയാനിടയായി ഈ ബാറൂഖിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ പുറകിൽ ഒരു വീഴണം അതായത് നമ്മൾ നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിലൊരു കേർട്ടൻ വീഴുന്നൊരു അനുഭവം പൗലോസും പറയുന്നുണ്ടല്ലോ ഞാൻ ഒരു കാര്യം ചെയ്യുന്നു പിന്നിലുള്ളത് മറന്ന് ഞാൻ മുമ്പിലേക്ക് ഓടുന്നു മുമ്പിലേക്ക് ആയുന്നു എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ ഒരു ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് വന്നിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുള്ള പാപത്തിന്മേലുള്ള ജയങ്ങള് അതുപോലെ ഒരു ക്രിസ്ത്യൻ മിനിസ്റ്റർ ആണെങ്കിൽ ഒരു ശുശ്രൂഷകനാണെങ്കിൽ ജാക്കങ്ങളിങ്ങനെ പറയുമായിരുന്നു ഒരാൾ നല്ലൊരു മെസ്സേജ് ചേർച്ചിൽ പ്രീച്ച് ചെയ്തു പലർക്കനുഗ്രഹമാണെന്ന് കേട്ടു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പലപ്പോഴും നമ്മളിങ്ങനെ അതിലൊക്കെ ഡവെല് ചെയ്ത് നമ്മളിങ്ങനെ ജീവിക്കും അതിലൊക്കെ സന്തോഷം കണ്ടെത്തിയും ഒക്കെ ജീവിക്കും അത് ഹീസ് ലിവിങ് ഇൻ ഇസ് പാസ്റ്റ് പക്ഷേ പൗലോസ് അങ്ങനെയല്ലായിരുന്നു പൗലോസ് വളരെ ബുദ്ധിയുള്ളൊരു മനുഷ്യനായിരുന്നു പൗലോസ് എപ്പോഴും തൻ്റെ പിന്നിലൊരു താൻ ഇങ്ങനെ മുമ്പോട്ട് നടക്കും തോറും തൻ്റെ പിന്നിലൊരു കേട്ടൻ വീണുകൊണ്ടിരുന്നു പുറകോട്ട് നോക്കുമ്പോഴൊക്കെയും തനിക്കൊന്നും കാണത്തില്ല തനിക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ ആ ഒരു ലിവിങ് ഇൻ യുവർ അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലിവിങ് ഇൻ യുവർ പാസ്റ്റ് എന്നുള്ളത് അത് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തെ ദോഷം ചെയ്യും എന്നുള്ളൊരു കാര്യവും ഖങ്ങളിൽ നിന്ന് പറയാനിടയായി അപ്പോൾ ലിവിങ് ഇൻ ദ വിൽ എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ദേഹിയുടെ ആ ഒരു തലത്തിൽ മൂന്ന് കാര്യങ്ങളാണുള്ളത് എന്നിങ്ങനെ ഞങ്ങൾ പറയാനിടയായി ഒന്ന് സോൾ അല്ലെങ്കിൽ ദേഹി എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് മൈൻഡാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മൾ നമ്മുടെ മനസ്സ് വെച്ചാണ് ചിന്തിക്കുന്നതും നമ്മൾ ധ്യാനിക്കുന്നതും രണ്ട് എന്ന് പറയും നമ്മുടെ ഇമോഷൻസാണ് നമ്മുടെ വികാരങ്ങൾ നമ്മൾ പലപ്പോഴും ബൈബിൾ വായിക്കുമ്പോഴും അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ പ്രാർത്ഥനയിലും കൂട്ടായ്മയിലൊക്കെ നമ്മൾ പലപ്പോഴും എക്സൈറ്റഡ് ആകുന്നു ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊരു എക്സൈറ്റ്മെൻറ്റ് വരുന്നു അപ്പം അല്ലെങ്കിൽ സങ്കടം വരുന്നു പാപ പാപബോധം അടയുന്നു അടയുമ്പോഴും നമ്മൾ നമുക്ക് കരച്ചിട്ട് വരുന്നു കണ്ണീര് വരുന്നു അതൊക്കെ ഒരു ഇമോഷണൽ തലത്തിലാണ് പക്ഷേ മൂന്നാമതൊരു തലം നമ്മുടെ ദേഹിക്ക് അത് ദിൽ അല്ലെങ്കിൽ നമ്മുടെ ഇച്ഛ എന്ന് പറയുന്ന തലമാണ് അപ്പോൾ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കേണ്ടത് അവൻ്റെ മാനസിക മനസ്സിൻ്റെ തലത്തിലോ അവൻ്റെ വികാരത്തിൻ്റെ തലത്തിലോ അല്ല അവൻ്റെ ഇച്ഛയുടെ തലത്തിലാണ് എന്നുള്ളത് താങ്കൾ പറഞ്ഞു അത് വളരെ പുതുമയായിട്ട് എനിക്ക് തോന്നി ഞാൻ ശരിക്കും ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു കാരണം ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ എൻ്റെ മൈൻഡിലും എൻ്റെ ഇമോഷൻസിനും ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എൻ്റെ മൈൻഡിലെന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ മനസ്സിലാക്കുന്നു ഡോക്ടറിൻസൊക്കെ വളരെ നന്നായി തന്നെ പലപ്പോഴും മനസ്സിലാകുന്നു പക്ഷേ അതിലൊക്കെ തൃപ്തിയൊക്കെ അടഞ്ഞിങ്ങനെ ജീവിക്കുന്ന ഇരിക്കുന്നൊരു അവസ്ഥയായിരുന്നു പലപ്പോഴും എനിക്കുണ്ടായിരുന്നത് അതുപോലെ വികാരങ്ങൾ വികാരങ്ങൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ കണ്ണുനീർപ്പൊഴിക്കുന്നു അല്ലെങ്കിൽ ഒരു മാനസാന്തരം വരുമ്പോൾ കണ്ണുനീർപ്പൊഴിക്കുന്നു അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ എക്സൈറ്റഡ് ആകുന്നു അപ്പോൾ അതും വികാരത്തിൽ ജീവിക്കുന്ന ഒരു തലം ആ തലത്തിലും എനിക്ക് എന്നെത്തന്നെ കാണാനും കാണാൻ പറ്റി പക്ഷേ ഈ മൂന്നാമത്തെ തലമായ ഇച്ഛയുടെ ഇച്ഛയിൽ എപ്പോഴും ജീവിക്കുക എന്നുള്ള കാര്യം അത് ഞാനൊരിക്കലും എൻ്റെ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഞാനിങ്ങനെ മനസ്സിലാക്കി അപ്പം ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു കർത്താവേ ഞാൻ അങ്ങനെയാണ് ഞാൻ ശരിക്കും വീണ്ടും ജനിച്ചിട്ടുണ്ടോ കൈകാര്യം വീണ്ടും ജനിച്ചൊരു വ്യക്തി അവനെപ്പോഴും അവൻ്റെ അവൻ്റെ അവൻ്റെ അവൻ്റെ ഹിതത്തിൽ ജീവിക്കുന്നു അവൻ്റെ ഇച്ഛയിൽ ജീവിക്കുന്നു ഹീസ് ഓൾവേസ് വില്ലിംഗ് ടു പുട്ട് ഡെത്ത് ദ സെൽഫ് വില് അപ്പോൾ ആ ഒരു തലത്തിൽ ഞാൻ ജീവിക്കണം എന്നൊരു ആഗ്രഹം ആ ഒരു ആഗ്രഹത്തിലേക്ക് ഞാൻ വരണം എന്നുള്ളൊരു ചിന്ത ക്കങ്ങളത് പറഞ്ഞപ്പോൾ വളരെ അനുഗ്രഹമായിരുന്നു അതോട് ചേർത്ത് അങ്ങൾ ഒരു പോർഷൻ കൂടെ വായി വായിച്ചു മത്താഴ്ച വിശേഷം ഏഴാം അധ്യായത്തിൽ നിന്നും മത്താഴ്ച വിശേഷം ഏഴിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ അങ്ങൾ ഇങ്ങനെ വായിച്ചു ഇതോട് ചേർന്നാണ് ഞങ്ങൾ ഇത് വായിച്ചത് അത് ഒരു ഒരു റെവലേഷനായിട്ട് വന്നിരുന്നു ആകെയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും ഇപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം മലയിലെ പ്രസംഗം കർത്താവ് പ്രസംഗിച്ച ഒരു വേളയാണ് പത്തായി അഞ്ച് ആറ് ഏഴ് ഒരു പുതിയ നിയമത്തിൻ്റെ ആ ഒരു കൽപ്പനകൾ പുതിയ നിയമ അല്ലെങ്കിൽ പുതിയ ന്യൂ കവനൻ്റിൻ്റെ കൽപ്പനകൾ കർത്താവ് അവിടെ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കർത്താവ് അവിടെ ഷെയർ ചെയ്തു അതിനുശേഷം കർത്താവ് കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗത്തായിട്ടാണ് കർത്താവ് ഈ കാര്യങ്ങൾ പറയുന്നത് ആകെയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റ് അടിച്ചു ആ വീടിന്മേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല പാങ്കളി ഇങ്ങനെ പറയുകയായിരുന്നു ആ ബുദ്ധിയുള്ള മനുഷ്യൻ അതുപോലെ ബാക്കി കൂടെ ഞാൻ വായിക്കാം ഇരുപത്താറും ഇരുപത്തേഴും എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് മനുഷ്യനോട് തുല്യാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീടിന്മേൽ അലച്ചു അത് വീണു അതിൻ്റെ വീഴ്ച വലുതായിരുന്നു അപ്പോൾ ഈ രണ്ട് ഈ രണ്ട് മനുഷ്യരുടെ ആ ഒരു എക്സാമ്പിൾ കർത്താവ് വരച്ച് കാട്ടുന്നു സാഹിങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു അതായത് രണ്ടുപേരും ദൈവ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടവരാണ് രണ്ടുപേരും വചനം കേട്ടു പക്ഷേ വ്യത്യാസം എവിടെയായിരുന്നു ഒരാൾ വചനം കേട്ട് അതനുസരിച്ചു മറ്റേയാൾ കേട്ട വചനം അവൻ ഹീ ഫെൽറ്റ് ഗുഡ് അബൌട്ടിറ്റ് അവൻ അവൻ്റെ മനസ്സിൽ ഈ കാര്യങ്ങളെ കൊണ്ടുനടന്നു അവൻ്റെ ഇമോഷൻസിൽ അവൻ എക്സൈറ്റഡായിരുന്നു പക്ഷേ അവൻ്റെ ഭവനം വീണുപോയി അപ്പം അങ്ങൾ ഇങ്ങനെ വരച്ച് കാട്ടുകയായിരുന്നു നമ്മൾ ഈ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിൽ സ്ക്രീനിലിങ്ങനെ ഒരു ഡയഗ്രാമൊക്കെ ഞങ്ങളെ കാണിച്ചു വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലായി അതായത് ഈ ആദ്യത്തെ മനുഷ്യൻ പാറമേൽ വീട് പണിത മനുഷ്യൻ നമുക്കറിയാം വീടൊക്കെ പണിയുമ്പോൾ പാറ കാണണമെങ്കിൽ പാറ നല്ലൊരു അടിസ്ഥാനമാണ് ഉറപ്പുള്ള അടിസ്ഥാനമാണ് പാറ കാണണമെങ്കിൽ നമ്മൾ നന്നായിട്ട് കുഴിക്കണം ആദ്യം നമ്മൾ കാണുന്ന മണലാണ് ആ മണൽ കുഴിച്ചു കുഴിച്ചു കുഴിച്ച് നമ്മൾ പാറ കാണുന്നവടം വരെ നമ്മൾ കുഴിച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് പാറ കാണുന്നിടത്ത് നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ ഇടണം അപ്പം ആ പാറ എന്നുള്ളത് മുകളിലുള്ള ഉപരിതലത്തിലുള്ള മണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിലും നമ്മുടെ ഇമോഷൻസിലും ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ തലത്തിലും നമ്മുടെ വികാരത്തിന്റെ തലത്തിലും ജീവിക്കുന്ന ക്രിസ്ത്യാനിയെയാണ് അത് കാണിക്കുന്നത് അതേസമയം കുഴിച്ചു കുഴിച്ച് കുഴിച്ചു കുഴിച്ച് ആ പാറ എന്ന് പറയുന്നത് നമ്മുടെ ഇച്ചയാണ് ഇച്ഛയുടെ തലം ആണ് പാറ എന്ന് പറയുന്നത് അത് വളരെ അനുഗ്രഹമായിരുന്നു ഞങ്ങള് അത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു അപ്പം ഇവിടെ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ അവൻ്റെ ഈ വചനങ്ങൾ കേട്ടു ഉത്സാഹത്തോടെ കേട്ടു അവൻ്റെ മൈൻഡിൽ ഈ കാര്യങ്ങളെയൊക്കെ ധ്യാനിച്ചു ഒരുപക്ഷെ ബൈബിൾ വായിച്ചു അവൻ ഡോക്ടറിൻസും കാര്യങ്ങളെല്ലാം മനസ്സിലായി നോട്ട്സ് ഉണ്ടാക്കി കോൺഫറൻസിന് പോയി സഭയിൽ മുടങ്ങാതെ വന്നു ഇതൊക്കെയാണ് ആ മനസ്സിൽ മനസ്സിൻ്റെ തലത്തിൽ ജീവിച്ച ആൾ അതുപോലെ അവൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ എക്സൈറ്റഡായിരുന്നു കൈവക്കും പാട്ട് പാടുമ്പോൾ അവൻ ആ രീതിയിൽ ദൈവത്തെ സ്തുതിക്കും കരയും ഇതൊക്കെ ചെയ്യും പക്ഷേ അവൻ്റെ വീട് വീണുപോയി അവന് അവൻ്റെ ഭവനത്തെ പാറമേൽ അവൻ്റെ ഇച്ഛയുടെ തലത്തിൽ ഇച്ഛയിൽ കൊണ്ടുവന്ന് വെക്കാൻ ഇച്ഛയിൽ ജീ ഇച്ഛയുടെ തലത്തിൽ ജീവിക്കാൻ അവന് സാധിച്ചില്ല പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യനാകട്ടെ അവൻ അവൻ്റെ മനസ്സിൻ്റെ തലത്തിലോ അവൻ്റെ വികാരത്തിൻ്റെ തലത്തിലോ അവന് തൃപ്തിപ്പെട്ടു പോയില്ല അവൻ ആഴത്തിൽ കുഴിച്ചു അവൻ്റെ ഇച്ഛയിൽ അവൻ കൊണ്ടുവന്ന് ഈ കേട്ട കാര്യങ്ങളെല്ലാം വെച്ചു ഇച്ഛയിലാണ് നമ്മുടെ അനുസരണം ഇച്ഛയാണ് നമ്മൾ അനുസരിക്കാനായി നമ്മുടെ ഇച്ഛയെ നമ്മൾ മരിപ്പിക്കണം എന്നുള്ളൊരു കാര്യം കാര്യം നമുക്കറിയാം മത്തായി അഞ്ച് ആറ് ഏഴിൽ യേശു ക്രിസ്തു പറഞ്ഞ ആ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ന്യൂ കവനൻറ്റ് അത് നമ്മുടെ സ്വാഭാവിക ജീവന് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് കണ്ണുകൊണ്ട് മോഹിക്കരുത് കോപിക്കരുത് നമ്മൾ വിചാ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത് പെടരുത് നമ്മുടെ സ്വാഭാവിക ജീവന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ഓണസ്റ്റ് ആയിട്ട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആ ഒരു സ്വാഭാവിക ജീവന ക്ഷതം വരുന്ന കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞത് നമ്മളനുസരിക്കുകയാണെങ്കിൽ ആ ഒരു സ്വാഭാവിക ജീവനൊരു വെട്ടയേക്കും അല്ലെങ്കിൽ ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു അപ്പോൾ ആ ഒരു അനുസരണം എന്ന് പറയുന്നത് ആ ഇച്ഛയിൽ ജീവിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളൊരു കാര്യം അങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ അതൊരു ഒരു ഒരു ഒരു അറിവായിരുന്നു ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ ഈ രീതിയിൽ ഒരു ഇച്ഛയിൽ ജീവിക്കുന്നൊരു ക്രിസ്ത്യാനി ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ആ ഒരു പ്രത്യാശം ഞാൻ ഏറ്റുപറയുന്നു ആമേൻ